തീർച്ചയായും നാം നോഹർലിസ്ലാമിനെയും ഇബ്രാഹിം അലിയിസ്ലാമിനെയും നിയോഗിച്ചു അവരുടെ സന്തതി പരമ്പരകളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും നാം നിശ്ചയിച്ചു അതിനാൽ അവരിൽ ചിലർ സന്മാർഗത്തിലായി എന്നാൽ അവരിൽ പലരും ധിക്കാരികളുമായി